ദ്ധ്യായം അഞ്ച് ജനവും അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരുടെ നേരെ വലിയ നിലവിളി കൂട്ടി ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാകെ ഞങ്ങളുടെ ഉപജീവനത്തിന് ധാന്യം വേണ്ടിയിരിക്കുന്നു എന്ന് ചിലരും ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വീടുകളും പണയമെഴുതി ഈ ദുർഭിക്ഷകാലത്ത് ധാന്യം വാങ്ങേണ്ടി വന്നിരിക്കുന്നു എന്ന് ചിലരും രാജഭോഗം കൊടുക്കേണ്ടതിന് ഞങ്ങൾ നിലങ്ങളിന്മേലും മുന്തിരിത്തോട്ടങ്ങളിൽമേലും പണം കടമിടിച്ചിരിക്കുന്നു ഇപ്പോഴോ ഞങ്ങളുടെ ദേഹം ഞങ്ങളുടെ സഹോദരന്മാരുടെ ദേഹത്തെപ്പോലെയും ഞങ്ങളുടെ മക്കൾ അവരുടെ മക്കളെപ്പോലെയും ആകുന്നുവെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ദാസ്യത്തിന് കൊടുക്കേണ്ടി വരുന്നു ഞങ്ങളുടെ പുത്രിമാരിൽ ചിലർ അടിമപ്പെട്ട് പോയിരിക്കുന്നു ഞങ്ങൾക്കു വേറെ നിർവാഹമില്ല ഞങ്ങളുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അന്യാധീനമായിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞു അവരുടെ നിലവിളിയും ഈ വാക്കുകളും കേട്ടപ്പോൾ എനിക്ക് അതികോപം വന്നു ഞാൻ എന്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു നിങ്ങൾ ഓരോരുത്തൻ താൻ താന്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്നവരോട് പറഞ്ഞു അവർക്ക് വിരോധമായി ഞാനൊരു മഹായോഗം വിളിച്ചുകൂട്ടി ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മൾ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പിപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അതിനവർ ഒരു വാക്കും പറവാൻ കഴിയാതെ മൌനമായിരുന്നു പിന്നെയും ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുന്ന കാര്യം നന്നല്ല നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ ഞാനും എന്റെ സഹോദരന്മാരും എന്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു നാം ഈ പലിശ ഉപേക്ഷിച്ച് കളകാം നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുപ്പീൻ ദ്രവ്യം ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയിൽ നൂറ്റിന് ഒന്നുവീതം നിങ്ങൾ അവരോട് വാങ്ങിവരുന്നതും അവർക്ക് ഇളച്ചുകൊടുപ്പീൻ അതിനവർ ഞങ്ങളവ മടക്കി കൊടുക്കാം ഇനി അവരോട് ഒന്നും ചോദിക്കുകയുമില്ല നീ പറയും പോലെ തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുരോഹിതന്മാരെ വിളിച്ച് ഈ വാഗ്ദാനപ്രകാരം ചെയ്തുകൊള്ളാമെന്ന് അവരുടെ മുമ്പിൽ വച്ച് അവരെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഞാൻ എന്റെ മടി കുടഞ്ഞ് ഈ വാഗ്ദാനം നിവർത്തിക്കാത്ത ഏവനെയും അവന്റെ വീട്ടിൽ നിന്നും അവന്റെ സമ്പാദ്യത്തിൽ നിന്നും ദൈവം ഇതുപോലെ കുടഞ്ഞു കളയട്ടെ ഇങ്ങനെ അവൻ കുടഞ്ഞു ഒഴിഞ്ഞും പോകട്ടെ എന്ന് പറഞ്ഞു സർവ്വസഭയും ആമേനെന്നു പറഞ്ഞ് യഹോവയെ സ്തുതിച്ചു ജനം ഈ വാഗ്ദാനപ്രകാരം പ്രവർത്തിച്ചു ഞാൻ യഹൂദ ദേശത്ത് അവരുടെ ദേശാധിപതിയായി നിയമിക്കപ്പെട്ട നാൾ മുതൽ അർദ്ധശ്രഷ്ട രാജാവിന്റെ ഇരുപതാം ആണ്ടു തന്നെ അവന്റെ മുപ്പത്തിരണ്ടാം ആണ്ടുവരെ പന്ത്രണ്ട് സംവത്സരം ഞാനും എന്റെ സഹോദരന്മാരും ുള്ള അഹോവൃത്തി വാങ്ങിയില്ല എനിക്ക് മുമ്പേ ഉണ്ടായിരുന്ന പണ്ടത്തെ ദേശാധിപതികൾ ജനത്തിന് ഭാരമായിരുന്നു നാൽപ്പത് ശെക്കൽ വെള്ളി വീതം വാങ്ങിയതുകൂടാതെ അപ്പവും വീഞ്ഞും കൂടെ അവരോട് വാങ്ങി അവരുടെ ഭൃത്യന്മാരും ജനത്തിന്മേൽ കർത്തൃത്വം നടത്തിവന്നു ഞാനോ ദൈവഭയം ഹേതുവായി അങ്ങനെ ചെയ്തില്ല ഞാൻ ഈ മതിലിന്റെ വേലയിൽ തന്നെ ഉറ്റിരുന്നു ഞങ്ങൾ ഒരു നിലവും വിലയ്ക്കുവാങ്ങിയില്ല എന്റെ കൃത്യന്മാരൊക്കെയും ഈ വേലയിൽ ചേർന്ന് പ്രവർത്തിച്ചു പോന്നു യഹൂദന്മാരും പ്രമാണികളുമായ നൂറ്റൻപത് പേരല്ലാതെ ചുറ്റുമുള്ള ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളുടെ അടുക്കൽ വന്നവരും എന്റെ മേശയ്ക്കൽ ഭക്ഷണം കഴിച്ചു പോന്നു എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ ആറാടിനെയും പാകം ചെയ്യും പക്ഷികളെയും പാകം ചെയ്യും പത്തു ദിവസത്തിലൊരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല എന്റെ ദൈവമേ ഞാൻ ഈ ജനത്തിനുവേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്ക